തങ്ങളുടെ ആത്മാക്കളോട് അനീതി ചെയ്തവരായിരിക്കെ മലക്കുകൾ ആരുടെ ആത്മാവിനെയാണോ എടുക്കുന്നത് അവർ പറയും ഞങ്ങൾ യാതൊരു ചെയ്തിരുന്നില്ല അല്ല നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അള്ളാഹു സുബാനുഹൂവറ്റ ആല നന്നായി അറിയുന്നവനാകുന്നു